അതിനാൽ നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവ ടാലയുടെ വാഗ്ദാനം സത്യമാണ് നിങ്ങളുടെ പാപത്തിന് നിങ്ങൾ മാപ്പപേക്ഷിക്കുകയും വൈകുന്നേരങ്ങളിലും പ്രഭാതങ്ങളിലും നിങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധനാക്കുകയും ചെയ്യുക